നാം അവരെ ഭൂമിയിൽ വിവിധ സമൂഹങ്ങളായി വിഭജിച്ചു അവരിൽ സജ്ജനങ്ങളും അല്ലാത്തവരുമുണ്ടായിരുന്നു അവർ സത്യത്തിലേക്ക് മടങ്ങിവരുമോ എന്നു നോക്കാൻ നാം അവരെ നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും പരീക്ഷിച്ചു